ദൈവനാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇസ്രായേൽ നാട്ടിലെ വിവിധ താഴ്വരകളെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നല്ലോ നമുക്കിന്ന് ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളൊരു താഴ്വര കാണുന്നുണ്ട് എരിഹോ താഴ്വര വാലി ഓഫ് ജെറീകോ എന്ന് പറയുന്ന ആ താഴ്വരയെക്കുറിച്ച് ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ മൂന്നിൽ നമ്മളെ വായിക്കുന്നു ആ ഭാഗം നമുക്ക് പരിചിതമാണ് മോശ താൻ ഇസ്രായേൽ മക്കളെ നയിച്ചു കൊണ്ടുവന്നു എന്നാൽ ആ കനൻ നാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവം മോശയോട് പറഞ്ഞു നീ ഈ കനൻ നാട്ടിൽ കിടക്കേയില്ല എന്നാൽ പിസ്ഗ കൊടുമുടിയിലെ കയറി അവിടെ നിന്നുകൊണ്ട് നിനക്ക് ഈ കനൻ നാട് ഒരു ഒരാവർത്തി ഒന്ന് കാണാൻ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ പിസ്ഗ കൊടുമുടിയിലെ കയറി നിന്നുകൊണ്ട് മോശ ഇസ്രായേൽ മക്കൾ ചെന്ന് ചേരാൻ പോകുന്ന യോർദാൻ നദിയുടെ അക്കരയുള്ള ആ കനാൻ നാട് ഒന്ന് കാണുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്നത് അവിടെ ഈന്ത നഗരമായ എരിഹോവിൻ്റെ താഴ്വീതി മുതൽ സോവർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു എന്നാണ് നമ്മൾ ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ മൂന്നിൽ കാണുന്നത് ഈ എരിഹോവിൻ്റെ താഴ്വീതി എരിഹോ താഴ്വര അവിടെ പല കാര്യങ്ങളുണ്ട് എന്നാൽ നമുക്ക് പലർക്കും പ്രശസ്തമായിട്ട് തോന്നുന്നത് അവിടെയുള്ള എരീഹോ പട്ടണമാണ് ആ പട്ടണത്തെ പിന്നീട് ഇസ്രായേൽ മക്കൾ അതിനെ നശിപ്പിച്ച് ആ പ്രദേശങ്ങൾ കൈയടക്കുന്നതും ഒക്കെയാണല്ലോ പുസ്തകത്തിൽ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്നാൽ ഈ എരീഹോ താഴ്വരയിൽ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്തെന്ന് അവിടെ ഏലിശ എന്നു പറയുന്ന ആ പ്രവാചകന്റെ കല്ലറ അവിടെയാണ് ഏലിശ പ്രവാചകന്റെ കല്ലറ നമ്മള് രണ്ട് രാജാക്കന്മാർ പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഏലിശ ആ കല്ലറ ആ നമ്മൾ വായിക്കുന്നുണ്ട് ഏലി മരിച്ചു അവിടെ അടക്കം ചെയ്തു അവിടെ മൗവാബി സാധാരണ ഈ എലീഹോ താഴ്വരയിൽ ഇസ്രായേൽ മക്കൾക്കെതിരെ യുദ്ധത്തിന് വരാറുണ്ട് അതുകൊണ്ട് മോവാബ്യർ വരുന്ന ആ ഭാഗം തീർച്ചയായിട്ടും അത് എരീഹോ താഴ്വരയാണ് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് രണ്ട് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ ഇരുപതിൽ അവിടം എരീഹോ താഴ്വര എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ലെങ്കിലും മോവാബ്യർ ഇസ്രായേലിനെതിരെ സ്ഥിരമായിട്ട് യുദ്ധത്തിന് വരുന്നത് എരിഹോ താഴ്വരയിലാണ് അതുകൊണ്ട് ഏലി ഏലിഷായുടെ ആ കല്ലറ എരീഹോ താഴ്വരയിലാണ് എന്ന വേദപണ്ഡിതന്മാർ ഈ ഭാഗങ്ങളിൽ ചേർത്ത് പറയാറുണ്ട് പ്രിയപ്പെട്ടവർ ഈ എരീഹോ താഴ്വരയിൽ അപ്പോൾ ഒരു കല്ലറ നമുക്ക് കാണാനായിട്ട് കഴിയും ആ കല്ലറ ഏലിശാവിനെയാണ് വിളിച്ചറിയിക്കുന്നത് നമുക്കറിയാമല്ലോ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രണ്ട് പ്രവാചകന്മാർ വളരെ പ്രശസ്തരാണ് ഒന്നെന്ന് പറയുന്നത് ഏലിയാവാണ് രണ്ടാമത് ഏലിയാവിന് ശേഷം ഏലിയാവിൻ്റെ ശിഷ്യനായ ഏലിശ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച് താനും ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഏലിയാവിൻ്റെയും ഏലിശയുടെയും അവരുടെ പ്രവാചക ശുശ്രൂഷയെന്ന് പറയുന്നത് വളരെ കോരിത്തരിപ്പിക്കുന്ന ആ നിലയിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ നടക്കുന്ന ശുശ്രൂഷകളാണ് നമ്മൾ ഒന്ന് രാജാക്കന്മാരിലെയും രണ്ട് രാജാക്കന്മാരുടെ ആദ്യ അധ്യായങ്ങളിലും ഒക്കെ വായിക്കുന്നത് ഏലിയാവ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രവാചകനായ ഏലിയാവ് ഇസ്രായേലിലെ ആഹാബ് രാജാവിൻ്റെ കാലത്ത് പെട്ടെന്ന് പതിനേഴാം അധ്യായം ഒന്ന് രാജാക്കന്മാർ പതിനേഴിൻ്റെ ഒന്നിൽ നമ്മൾ പെട്ടെന്ന് ഏലിയാവ് വരുന്നതായിട്ടാണ് കാണുന്നത് ആഹാബ് രാജാവിൻ്റെ കാലത്ത് ആഹാബ് എന്ന് പറയുന്നത് ഏറ്റവും ഇസ്രായേലിലെ ഏറ്റവും ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്ത രാജാവ് എന്നാണ് അവനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഹാബിനെ കുറിച്ച് ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് തൻ്റെ മുൻപുള്ള സകല രാജാക്കന്മാരെക്കാളും ഏറ്റവും അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തവനാണ് അവൻ എന്ന് പറയുന്നു ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ മുപ്പതാമത്തെ വാക്യം നോക്കുക ദൈവത്തിന് വിരോധമായിട്ട് മത്സരിച്ച് ആഹാബ് രാജാവ് ആ രാജാവ് അത് മാത്രമല്ല നമ്മൾ അവൻ്റെ ചരിത്രം വായിക്കുമ്പോൾ പതിനാറാമധ്യായം ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ മുപ്പത്തിനാല് വരുമ്പോൾ ഈ എരീഹോ പട്ടണം യോശുവയുടെ കാലഘട്ടത്തിൽ അതിനെ നശിപ്പിച്ചു നശിപ്പിച്ചതിന് ശേഷം യോശുവ അതിനൊരു ശാപം കൊടുത്തു അതെന്താണ് ഈ എരീഹോ പട്ടണം ഇനി ഒരിക്കലും പണിയാതിരിക്കട്ടെ ആരെങ്കിലും അതിനെ പണിഞ്ഞാൽ അവന് അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകനും അതിൻ്റെ കഥകൾ തൊടുക്കുമ്പോൾ ഒക്കെ നഷ്ടമാകും എന്ന് യോശുവ പറയുന്നു യോശുവയുടെ പുസ്തകം ആറാമത്തെ ആയി ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ യോശുവ അങ്ങനെ പറയുന്നുണ്ട് എരിഹോ പട്ടണം കീഴടക്കിയതിന് ശേഷം ഈ ആഹാബ് നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്തു ചെയ്തു ഈ എരിഹോ പട്ടണം വീണ്ടും പണിതു പണിതപ്പോൾ ഈ യേശുവാ അന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ രണ്ട് മക്കൾ അങ്ങനെ കൊല്ലപ്പെട്ടു ഈ ചരിത്രമൊക്കെ നമ്മൾ ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ മുപ്പത്തിനാലിലെ വായിക്കുന്നുണ്ട് അപ്പോൾ അത്ര കടോരഹൃദയനായ ഒരു രാജാവായിരുന്നു ആഹാബ് ആ ആഹാബിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിനായിട്ട് നിന്ന് ഞാൻ പറയാതെ ഇനിയും മഞ്ഞും മഴയും എന്ന് പറഞ്ഞ് ആഹാബിന് ആ ന്യായവിധിയുടെ ഒരു സന്ദേശവുമായി പതിനേഴാമധ്യായം ഒന്ന് രാജാക്കന്മാർ പതിനേഴ് ഏഴ് ഒന്നിൽ തിഷ്പനായ ഏലിയാവ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ഏലിയാവിൻ്റെ തുടർന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നത് ഏലിശയെക്കുറിച്ചാണല്ലോ ഏലിയാവിൻ്റെ ശിഷ്യനായിട്ടാണ് ഏലിശ വരുന്നത് ഏലിശയുടെ ശുശ്രൂഷ അറുപത് വർഷത്തിലേറെ നീണ്ടു നിന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആറ് രാജാക്കന്മാരുടെ കാലത്ത് ഏലിശ ജീവിച്ചിരുന്നു ഏകദേശം എൺപത് തൊണ്ണൂറ് വയസ്സുള്ളവനായിട്ടാണ് ഏലിശ മരിച്ചത് ഈ ഏലിശയുടെ കല്ലറ ഏലീഹോ താഴ്വരയിൽ നമ്മൾ ചിന്തിച്ചു ഈ ഏലിയാവിനെയും ഏലിശയെ കുറിച്ച് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിശയ്ക്ക് ലഭിച്ചു ഏലിശ അതിനായിട്ട് ഏലിയാവിനെ വിടാതെ പിന്തുടർന്നു ഒടുവിൽ അവൻ്റെ വിശ്വാസം ഹേതുവായി ദൈവം അവന് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് നൽകി ഇതുമൂലം നമ്മൾ ഈ ഏലിയാവിൻ്റെയും ഏലിശയുടെയും അവർ രണ്ടുപേരും അവരുടെ ജീവിതകാലത്ത് കാണിച്ച അത്ഭുത പ്രവർത്തികൾ അക്കമിട്ട് എണ്ണി നോക്കിയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും ഏലിയാവ് തൻ്റെ ജീവിതകാലത്ത് പതിനാറ് അത്ഭുതങ്ങളാണ് ചെയ്തത് പതിനാറ് അത്ഭുതങ്ങൾ മൂന്ന് വർഷം ക്ഷാമം എന്ന് പറഞ്ഞു കാക്കയെ പോറ്റപ്പെടുന്നു സരേഫാത്തിലെ വിധവയുടെ ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുത്തു സ്വർഗത്തു നിന്ന് തീയിറക്കി ഇങ്ങനെയൊക്കെ ഏലിയാവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ പതിനാറെണ്ണമാണ് എന്നാൽ ഏലിയാവിൻ്റെ കാലശേഷം ഏലിശ ചെയ്ത അത്ഭുത പ്രവൃത്തികളോ കൃത്യം മുപ്പത്തിരണ്ടെണ്ണമാണ് ഏലിശ യോർധാൻ നദി പറ്റിച്ചു നയമാൻ്റെ കുഷ്ഠം മാറ്റി ഭക്ഷണം വർദ്ധിപ്പിച്ചു കോടാലി വെള്ളത്തിൽ നിന്ന് ഉയർത്തി കൊടുത്തു എന്നിങ്ങനെ നമുക്കറിയാവുന്ന പോലെയുള്ള ആ നമ്മൾ എണ്ണി നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഏലിയാവ് തൻ്റെ ജീവിതകാലത്ത് പതിനാറ് ചെയ്തപ്പോൾ ഏലിശ മുപ്പത്തിരണ്ട് അത്ഭുതങ്ങൾ ചെയ്തു എന്തുകൊണ്ടാണ് നമുക്കറിയാം ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ് ഏലിശയ്ക്കുണ്ടായത് അപ്പോൾ ഏലിയാവ് ചെയ്ത അത്ഭുതങ്ങളുടെ ഇരട്ടി ഏലിശ ചെയ്തു ഓക്കെ കണ്ടോ ആത്മാവിൻ്റെ ഇരട്ടി പങ്കുണ്ടായിരുന്നു അതുകൊണ്ട് ഏലിയാവ് പതിനാറ് അത്ഭുതം ചെയ്തു ഏലിശ മുപ്പത്തിരണ്ട് അത്ഭുതം ചെയ്തു ആട്ടെ ഈ ഏലിശയുടെ കല്ലറയാണ് നമ്മളീ പറയുന്ന ആ താഴ്വരയിലുള്ളത് എന്നാൽ ആ കല്ലറയുമായി ബന്ധപ്പെട്ടും വേറൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട് അതായത് ഈ ഏലിയാവിനെ ഏലിശയും താരതമ്യം ചെയ്താണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അവരൊട്ടേറെ അത്ഭുത പ്രവർത്തികൾ ചെയ്തു എന്നാൽ ആർക്കും അത്ഭുതം തോന്നുന്ന ഏറ്റവും വലിയ അത്ഭുത എന്ന് പറയുന്നത് എന്താ സത്യത്തിൽ മരിച്ച ഒരാളെ ജീവിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുത ഏലിയാവ് എന്ത് ചെയ്തു ഏലിയാവ് സാരെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു ഒന്ന് രാജാക്കന്മാർ പതിനേഴിൻ്റെ ഇരുപത്തൊന്നിൽ നമുക്കറിയാം ഏലിയാവ് സാരെഭാത്തിലെ വിധവിയുടെ മകനെ ഉയർപ്പിച്ചു ഏലിശയോ രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ മുപ്പത്തി ആറിൽ ശൂനേം കാര്യത്തോടെ മകനെ മരിച്ചു പോയ മകനെ ഉയർപ്പിച്ചു അപ്പോൾ ഏലിയാവ് ഒരാളെ ഉയർപ്പിച്ചു ഏലിശയും ഒരാളെ ഉയർപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നതാണല്ലോ ഏറ്റവും വലിയ അത്ഭുതം അപ്പം നമ്മൾ വിചാരിക്കും ഇതാ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിശയ്ക്കുണ്ടല്ലോ ഏലിശ അപ്പോൾ രണ്ടുപേരെ ഉയർപ്പിക്കണ്ടേ ഏലിയാവ് ഒരാളെ ഉയർപ്പിച്ചു ഏലിശ രണ്ടു രണ്ടുപേരെ ഉയർപ്പിക്കണ്ടേ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും പക്ഷേ ഏലിശയുടെ ജീവിതകാലത്ത് ഏലിശ രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ നമ്മൾ കണ്ട പോലെ ശൂന്യം മകനെ മാത്രമേ ഉയർപ്പിച്ചതായിട്ട് കാണുന്നുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ ഏലിശയുടെ മരണശേഷം ഈ എരീഹോ താഴ്വരയിലെ കല്ലറയിൽ ഒരു അത്ഭുതം നടന്നു ഏലിശയുടെ മരണശേഷം രണ്ട് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ വായിച്ചു നോക്കുക രണ്ട് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ അന്ന് ഇസ്രായേലിനെതിരെ മോവാബ്യർ യുദ്ധത്തിന് ഈ ഭാഗത്തുണ്ടായിരുന്നു ഇതറിയാതെ ചിലര് എന്ത് ചെയ്തു മരിച്ച ഒരാളുടെ ശവം അടക്കം ചെയ്യാനായിട്ട് ചിലരെ ഇസ്രായേൽ മക്കൾ ചിലര് ആ ഭാഗത്തൂടെ ചെന്നു ചെന്നപ്പോൾ ഇതാ അവിടെ ഈ പറഞ്ഞ പോലെ ശത്രുക്കൾ അവിടെ നിൽക്കുന്നു ശത്രുക്കളെ കണ്ട് പേടിച്ച ഈ ആളുകൾ ഈ ശ മൃതദേഹം അവരവിടെ കണ്ട് ഒരു കല്ലറയിലിട്ടിട്ട് പോന്നു ഈ കല്ലറയിലിട്ട ശവം അവിടെ താഴെ ചെന്ന് ഈ ഏലിശയുടെ കല്ലറയായിരുന്നു ഏലിശയുടെ അസ്ഥികളിൽ ഈ മൃതദേഹം തട്ടിയപ്പോൾ പെട്ടെന്ന് മരിച്ച് ആൾ ജീവിച്ചു അയാൾ ജീവനോടെ പുറത്തു വന്നു നോക്കുക അതാണ് രണ്ട് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്നിൽ നമ്മൾ കാണുന്നത് കണ്ടോ പ്രിയപ്പെട്ടവരെ ഏലിശ ജീവിച്ചിരുന്ന കാലത്ത് ഒരാളെ മാത്രമേ ഉയർപ്പിച്ചുള്ളൂ ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവുണ്ടെങ്കിൽ രണ്ടുപേരെ ഉയർപ്പിക്കണ്ടേ എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ രണ്ടാമത്തെ ഉയർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ഏലിശയുടെ മരണത്തിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമുക്കെടുക്കാവുന്ന ചിന്ത എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും നിനക്ക് ഇരട്ടി പങ്കുണ്ട് നിന്റെ കാര്യങ്ങളിൽ ഇന്നിന്ന കാര്യങ്ങൾ നടക്കും നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളെല്ലാവരും വിശ്വാസത്തിൽ വരും നിന്റെ ജീവിത പങ്കാളി വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് അത് നടന്നില്ലെങ്കിൽ പോലും നമ്മുടെ മരണശേഷമാണെങ്കിലും അത് ദൈവം നിവർത്തിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഏലിശയുടെ കല്ലറയിൽ ഒരു മൃതദേഹം ഇട്ടപ്പോൾ അവിടെ നിന്ന് ആ ആള് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഈ സംഭവം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഏലിശയുടെ കല്ലറ നമുക്ക് വിശ്വാസത്തിലെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മൾ ചിന്തിച്ചത് എരിഹോ താഴ്വരയിൽ ഒരു കല്ലറയുണ്ട് ആ കല്ലറ ഏലിശയുടെ കല്ലറയാണ് ഏലിഷയുടെ കല്ലറ ആണെന്ന് അറിഞ്ഞോ അറിയാതെയോ ചിലരൊരു മൃതദേഹം അടക്കം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവരതിൽ ആ മൃതദേഹം ഇട്ടു ഇസ്രായേൽ മക്കളുടെ മൃതദേഹം സംസ്കരിക്കുന്ന രീതി നമ്മളെ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതായത് ഈജിപ്തുകാരാണ് സാധാരണ മൃതദേഹങ്ങൾ ശവപ്പെട്ടിയിൽ വെച്ച് കൊണ്ടുവന്ന് അടക്കുന്നത് അവരുടെ പിരമിഡുകളൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു ശവപ്പെട്ടിയിൽ കൊണ്ടുവന്ന് വെച്ച് അതിനെ അടക്കം ചെയ്യുന്നത് ഒരു ഈജിപ് ഈജിപ്റ്റുകാരുടെ മിസ്രൈമിയരുടെ ഒരു രീതിയാണ് എന്നാൽ ഇസ്രായേൽ മക്കളുടെ രീതി ഒരു മൃതദേഹം ഉണ്ടെങ്കിൽ അതൊരു ലിനൻ തുണി കൊണ്ട് പൊതിഞ്ഞ് ശീലകൾ ചുറ്റി അതുമായിട്ട് അതിനെ കൊണ്ടുവന്നിട്ട് ഒരു കല്ലറയിൽ അടക്കം ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചത് ഈ വന്ന ഇസ്രായേൽ മക്കൾ മൃതദേഹം അടക്കം ചെയ്യാൻ വന്നപ്പോൾ അവരെ ഒരു ശവപ്പെട്ടിയിലായിരിക്കില്ല ആ മൃതദേഹം കൊണ്ടുവന്നത് മറിച്ച് അത് ശീലകൾ ചുറ്റിയാണ് കൊണ്ടുവന്നത് ആ ശീലകൾ ചുറ്റിയുള്ള മൃതദേഹം അവർ ആ മോവാഭ്യശത്രുക്കളെ കണ്ടപ്പോൾ ഭയപ്പെട്ട് ഏലിശയുടെ കല്ലറയിലിട്ടു ഏലിശയുടെ അസ്ഥികൾ അത് സ്പർശിച്ചപ്പോൾ ആളെ ജീവനുള്ളവനായിട്ട് എഴുന്നേറ്റ് വന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കണ്ടത് ഇരട്ടിപ്പങ്ക് ഏലിയാവിൻ്റെ ആത്മാവിൻ്റേത് പ്രാപിച്ച ഏലിശ തൻ്റെ ജീവിതകാലത്ത് തനിക്ക് ആ രണ്ടത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ തൻ്റെ മരണത്തിന് ശേഷം രണ്ടാമത്തെ അത്ഭുതവും ചെയ്ത് തനിക്ക് ആത്മാവിന്റെ ഇരട്ടിപ്പങ്കുണ്ടെന്ന് തെളിയിച്ചു ദൈവം അവനോട് വാഗ്ദാനം ചെയ്തത് അവൻ്റെ മരണശേഷമാണെങ്കിലും യാഥാർത്ഥ്യമായി തീർന്നു നമ്മെ സംബന്ധിച്ചും നമ്മുടെ ജീവിതകാലത്ത് ദൈവം നമുക്ക് പല കാര്യങ്ങളിൽ നമുക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളികളെ പ്രാർത്ഥിക്കുന്നു ചിലര് വിശ്വാസത്തിൽ വന്നിട്ടില്ല എന്നാൽ ദൈവം വിശ്വസ്തൻ വിശ്വാസത്തിൽ നിരാശപ്പെട്ടു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക ദൈവം നമ്മുടെ ജീവിതകാലത്തായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്തിന് ശേഷമായിരിക്കാം എന്നാലും ദൈവം അത് നിറവേറ്റും എന്ന വിശ്വാസം മുറുക പിടിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം നമ്മൾ ഞാൻ ഇവിടെ എരീഹോ താഴ്വരെ കുറിച്ചും ഏലിശയുടെ കല്ലറയെക്കുറിച്ചും ആണല്ലോ നമ്മൾ പറഞ്ഞത് ഏലിശ ഇരട്ടി പങ്ക് ഇരട്ടി പങ്ക് താന് ഏലിയാവിൻ്റെ ആത്മാവിൻ്റേത് പ്രാപിച്ചവനാണ് ഏലിശ നമ്മൾ ആ രംഗമൊക്കെ നമുക്ക് രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു ഏലിയാവിനെ ദൈവം ഉടലോടെ സ്വർഗത്തിലെടുക്കുകയാണ് എന്നറിഞ്ഞ് ഏലിശ എന്ത് ചെയ്തു ഏലിശ ഏലിയാവിനെ വിടാതെ പിന്തുടർന്നു വിടാതെ പിന്തുടർന്നപ്പോൾ മറ്റ് ശിഷ്യന്മാരൊക്കെ പ്രവാചക ശിഷ്യന്മാരൊക്കെ ഏലിശായെ നിരുത്സാഹപ്പെടുത്തി നിന്റെ യജമാനനെ ദൈവം ഇന്നിപ്പം ഉടലോടെ എടുക്കുകയാണ് നീ അതുകൊണ്ട് പിന്തുടരണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഏലിശ എന്തു ചെയ്തു ഏലിശ വിടാതെ ഏലിയാവിനെ പിന്തുടർന്നു ആദ്യം നമ്മളാ രണ്ട് രാജാക്കന്മാർ നമ്മളാ ഭാഗം എടുത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങളും വീട്ടിൽ ഇരുന്ന് ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കുക എങ്ങനെയാണ് ഏലിഷ ഏലിയാവിനെ പിന്തുടർന്നത് യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഭാവിക്കുമ്പോൾ ഏലിയാവ് ഏലിഷയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായം ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏലിയാവ് ഏലിശയോട് പറഞ്ഞു നീ ഇവിടെ താമസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ദൈവം എന്നെ ബഥയിലിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഏലിശ സമ്മതിക്കാതെ നിൻ്റെ ജീവനാണ് യഹോവയാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ബഥയിലിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ദൈവം ഏലിയാവിനെ എരീഹോവിലേക്ക് അയച്ചു പക്ഷേ ഏലിശ പിന്നാലെ ചെന്നു അവിടെ നിന്നും യോർദാങ്കിലേക്ക് അയച്ചു അവിടെയും ഏലിശ വിടാതെ പിന്തുടർന്നു ഒടുവിൽ യോർധാൻ നദി കുറുകെ കടന്ന് ഏലിയാവും ഏലിശയും മാത്രം ഒക്കരെ പെട്ടെന്ന് അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു ഏലിയാവ് ചുഴകലിക്കാറ്റിലേക്ക് കയറി ഏലിശ കണ്ടിട്ട് എൻ്റെ പിതാവെ എൻ്റെ പിതാവേ ഇസ്രായേലിൻ്റെ തേരും തേരാളികളും നിലവിളിച്ചു അപ്പോ ഏലിയാവിൻ്റെ വസ്ത്രം ആ പുതപ്പ് താഴേക്ക് വീണു ആ പുതപ്പ് എടുത്ത് അവൻ നേരെ നേരത്തെ ആ യോർധാന നദി വീണ്ടും ആ പുതപ്പ് കൊണ്ടടിച്ച് രണ്ടായിട്ട് വിഭജിച്ച് മടങ്ങി വന്നു മടങ്ങി വന്ന ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് മനസ്സിലായി ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിശയുടെ മേലുണ്ട് എന്ന് മനസ്സിലായി ഈ കാര്യമൊക്കെയാണ് രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിശ പ്രാപിച്ച ഈ ഭാഗം നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ഏലിയാവും ഏലിശയും എവിടെ നിന്നാണ് പുറപ്പെട്ടത് ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു പിന്നീട് അവർ ബഥേലിലെത്തി പിന്നീട് എരിഹോവിലെത്തി പിന്നീട് യോർദാങ്കിലെത്തി അതിന് ശേഷമാണ് ഏലിശയ്ക്ക് ഏലിയാവിൻ്റെ ആൽമാവിൻ്റെ ഇരട്ടിപ്പങ്ക് ലഭിച്ചത് നമുക്ക് ഈ ഓരോ ഭാഗവും ഓരോ കാര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ് ഗിൽഗാലെന്ന് പറയുന്നത് എന്താ ഗിൽഗാൽ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യോശുവ വീണ്ടും ഇസ്രായേൽ മക്കളെ പരിഛേദന ചെയ്യുന്ന സ്ഥലമാണ് ആ പരിച്ഛേദന ചെയ്തതിന് ശേഷം ഇന്ന് ഗിൽഗാലിൽ യോശുവയുടെ പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ ആ ഭാഗം കാണുന്നുണ്ട് ഇസ്രായേലിൻ്റെ നിന്ന നീക്കിക്കളഞ്ഞു ഉരുട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ആ ഗിൽഗാലിൽ വെച്ച് യോശുവ പറയുന്നത് യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാമത്തേ വാക്യം കാരണമെന്താ അവരുടെ നിന്ന മാറ്റിക്കളഞ്ഞു എന്ന് പറയാൻ കാരണമെന്താ അവർ എല്ലാവരും പരിഛേദനയേറ്റു പ്രിയപ്പെട്ടവരെ അപ്പം ഗിൽഗാല് കാണിക്കുന്നത് ഒരു എല്ലാവരും പരിച്ഛേദനയേൽക്കുന്നതിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് ഗിൽഗാലിനെ കാണാൻ കഴിയും എന്ന് വെച്ചാൽ ആ പുതിയ നിയമത്തിൽ നമുക്ക് ഒരു വിശ്വ ഒരാളെ വിശ്വാസിയാകുന്നത് രക്ഷയിലേക്ക് വരുന്നതിനോട് ചേർത്ത് കാണാൻ കഴിയും അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ നിഴലാണ് ഗിൽഗാൽ അവിടെ നിന്ന് പക്ഷേ ഏലിഷ എങ്ങോട്ട് പോയി ഏലിയാവിനോടൊപ്പം ബഥേലിലേക്ക് പോയി ബഥേലെന്ന് പറയുന്നത് എന്താ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ വീടാണ് ബഥേൽ ബഥേലിൻ്റെ അർത്ഥം അതാണ് ദൈവത്തിൻ്റെ വീട് ദൈവത്തിൻ്റെ മന്ദിരമാണ് ബഥേൽ ഇതിനെ നമുക്ക് എന്തിനോട് ചേർത്ത് ചിന്തിക്കാം ഇന്ന് ദൈവത്തിൻ്റെ സഭയാകുന്ന മന്ദിരത്തോട് ചേർത്ത് ചിന്തിക്കാം അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടു ദൈവ സഭയിലേക്ക് വന്നു ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്ക് വന്നു പക്ഷേ ബഥേലിൽ നിന്ന് എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എരിഹോവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തി കണ്ട സ്ഥലമാണ് ഇസ്രായേൽ മക്കള് വലിയ ആ ചുറ്റില് അവരെ നടന്ന് അവസാനം എരീഹോ പട്ടണത്തെ ദൈവം തന്നെ അത്ഭുതമായി കീഴടക്കിയതിൻ്റെ ചിത്രമാണ് അതിനെ പ്രധാനം ചെയ്യുന്നതാണ് എരീഹോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു ദൈവസഭയിലേക്ക് വന്നു നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് എരിഹോ പോലെ ചില മതിലുകൾ തകർന്നു വീണ് ചില വി വലിയ വിടുതലുകളൊക്കെ സംഭവിച്ചിരിക്കാം പക്ഷെ അവിടെ വച്ചും ിയേലിശായിക്ക് ഇരട്ടി പങ്ക് ലഭിച്ചില്ല അവിടെ നിന്ന് യോർദാങ്കലേക്ക് അയച്ചിരിക്കുന്നു യോർദാൻ എന്തിനെ കാണിക്കുന്നു നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു യോർദാങ്കലാണ് സ്നാനമേറ്റത് ആ സ്നാനപ്പെടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം ആറാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ സ്നാനപ്പെടുന്നതിനെ കുറിച്ച് അവന്റെ മരണത്തിൽ പങ്കാളികളാകുക എന്നാണല്ലോ അപ്പോ യോർദാൻ കർത്താവിൻ്റെ ക്രൂശനുഭവത്തെ കാണിക്കുന്നു അവൻ്റെ മരണത്തിലുള്ള പങ്കാളിത്തത്തെ കാണിക്കുന്നു കർത്താവ് ക്രൂശിലാണ് മരിച്ചത് കർത്താവിൻ്റെ ഒപ്പം കർത്താവിനെ പിൻപറ്റി നമ്മൾ നമ്മുടെ ക്രൂശ് അവനെ അനുഗമിക്കുന്നതിനെയുമൊക്കെ അതിൻ്റെ എല്ലാം നിഴലായിട്ട് നമുക്ക് യോർദാനെ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ നാല് ഭാഗങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഗിൽഗാൽ പരിഛേദനയുടെ സ്ഥലം രക്ഷയുടെ അനുഭവം ബഥേൽ ദൈവസഭയുടെ അനുഭവം എരീഹോ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട സ്ഥലം ോർദാൻ കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിയായി നമ്മുടെ ക്രൂശെടുത്ത് കർത്താവിനെ ദിനംതോറും പിൻപറ്റുന്ന അനുഭവം ഈ അനുഭവങ്ങളിലൂടെ എല്ലാം ആ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഏലിശ ഈ ഗിൽഗാലിലും ബധേലിലും എരീഹോവിലും യോർദാനും കടന്ന് ചെന്നപ്പോഴാണ് ഏലിയാവിൻ്റെ പിന്നാലെ തന്നെ പോയപ്പോഴാണ് ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ലഭിച്ചത് ഇരട്ടിപ്പങ്ക് ലഭിച്ചത് നമ്മളും ഈ ദിവസങ്ങളില് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ വർത്തമാനമായ അളവില് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ അത് കേവലം രക്ഷയിൽ മാത്രം പോരാ അല്ലെങ്കിൽ സഭയിൽ വന്നു അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില വിടുതലുകൾ തന്നു അത്ഭുത തന്നു കൊള്ളാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ആ നിലയിലെ കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിയായി അവൻ്റെ ആ ക്രൂശി പങ്കാളിത്തം വഹിച്ച് ഓ നമ്മുടെ ക്രൂശെടുത്ത് ദിനംതോറും കർത്താവിനെ അനുഗമിക്കുന്ന ഈ ഒരു വഴി ശിഷ്യത്വത്തിൻ്റെ ഈ ഒരു വഴിയിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏലിശയെ പോലെ നമുക്ക് പറയാൻ കഴിയും നമുക്ക് വിശ്വാസത്തോടെ അവകാശപ്പെടാൻ കഴിയും കർത്താവേ ഞാൻ ഈ വഴിയെല്ലാം പിന്നിട്ടു നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ഇന്ന് കാലഘട്ടത്തിൽ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ച ഒരു അനുഭവം ഉണ്ടായാലേ പറ്റുള്ളൂ അതെനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും അപ്പോൾ എരീഹോ താഴ്വര ഈ കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മള് എരീഹോ താഴ്വര നമുക്ക് തരുന്ന ആത്മീയ ചിന്തകളെ പഠിക്കുകയായിരുന്നല്ലോ അവിടെ ഏലിശായുടെ കല്ലറയുള്ള ആ താഴ്വര ഏലിശായെക്കുറിച്ച് ചിന്തിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ഏലിശ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചവനാണ് ഏലിയാവിനേക്കാൾ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചു ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ നിന്ന് അതിനേക്കാൾ വലിയ പരീക്ഷകളും വലിയ തോതിലുള്ള പോരാട്ടങ്ങളും നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം അപ്പോഴേ നമുക്ക് ആത്മാവിൻ്റെ ഒരു ചെറിയ അളവ് കൊണ്ട് പോരാ പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു അനുഭവം നമുക്ക് വേണം അത് പ്രാപിപ്പാൻ നമ്മൾ ഏലിശ പോയതുപോലെ പൂർണ്ണ മനസ്കനായിട്ട് പലരും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഏലിയാവ് തന്നെ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു മറ്റേ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഏലിശയെ ഓരോ രംഗത്തും ബഥേലിൽ വെച്ചും എരിഹോവിൽ വെച്ചും ഒക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും കേൾക്കാതെ കണ്ണുകെട്ടിയ ഒരു കുരുതിരയെ പോലെ ഏലിശ ഈ കാര്യം മാത്രം ലക്ഷ്യം വെച്ച് ഏലിയാവിൻ്റെ പിന്നാലെ നടന്നു ഒടുവിൽ അവന പൂർണ്ണ മനസ്കനായിട്ട് അതിനെ അന്വേഷിച്ചത് കൊണ്ട് ദൈവം ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് നൽകി എന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആ നിലയിൽ കർത്താവിനെ നിരന്തരം അന്വേഷിക്കാനായിട്ടുള്ള ആ ഒരു ഉത്സാഹമായിട്ട് നമുക്ക് എടുക്കാം രണ്ടാമതായിട്ട് അവിടെ നമ്മൾ കണ്ടത് ഈ എരിഹോ താഴ്വരയിൽ ഏലിശായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിതകാലത്ത് ആ നടന്നില്ലെങ്കിലും അവൻ്റെ മരണശേഷം ആ കാര്യം നടന്നു രണ്ട് പേരെ ഉയർപ്പിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ആളിനെ ഉയർപ്പിച്ചത് അവൻ്റെ മരണത്തിന് ശേഷമാണ് വളരെ അത്ഭുതകരമായി ആ കാര്യങ്ങൾ നമ്മൾ ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ ഒന്ന് രാജാക്കന്മാരിൽ നമ്മൾ ആ ഭാഗം കണ്ടല്ലോ ക്ഷമിക്കണം നമ്മൾ രണ്ട് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ പതിമൂന്നിന്റെ ഇരുപത് മുതലുള്ള ഭാഗത്താണ് നമ്മളത് കണ്ടത് ആ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടു അത് സജീവമായിട്ട് എഴുന്നേറ്റ് വന്നു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടവര് ഇട്ടിട്ട് മോവാബിയരെ കണ്ട് പേടിച്ചു ഓടിയപ്പം ഞാൻ ചിലപ്പോഴും ചിന്തിക്കാറുണ്ട് അവരുടെ പുറകെ വേറൊരാൾ ഓടി വന്നു അതാര അവരെ ആരുടെ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ ചെന്നോ ആ ആള് ജീവിച്ചെഴുന്നേറ്റ് അവരുടെ പിന്നാലെ ഓടി ഇങ്ങനെയുള്ള അത്ഭുതകരമായ കാര്യമാണ് രണ്ട് രാജാക്കന്മാർ പതിമൂന്നിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളെ വായിക്കുന്നത് അത് ഏലിശയോട് ചെയ്ത ദൈവത്തിൻ്റെ ആ നിലയിലുള്ള ഒരു നിയമത്തിൻ്റെ ഫലപ്രാപ്തിയാണ് അവിടെ കണ്ടത് തന്നെ ജീവിച്ചിരുന്നപ്പോൾ ഒരാളെ മാത്രമാണ് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഏലിയാവ് പതിനാറ് അത്ഭുതം കാണിച്ചപ്പോൾ ഏലിശ മുപ്പത്തിരണ്ട് അത്ഭുതം കാണിച്ചു എന്നാൽ രണ്ടുപേരെ ഉയർപ്പിക്കുന്നത് രണ്ടാമത്തെ ആളിനെ ഉയർപ്പിച്ചത് ഏലിശയുടെ മരണശേഷമാണ് അപ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ അതൊന്നും നിരാശപ്പെട്ടു പോകരുത് അത് നടന്നില്ല കാലങ്ങൾ കഴിയുന്നു അതൊന്നും നടന്നില്ല നടന്നില്ല എന്ന് കണ്ട് നിരാശപ്പെട്ടു പോകരുത് ദൈവം അതിൻ്റെ തക്ക സമയത്ത് അത് ചെയ്തു നമ്മുടെ ജീവിതകാലത്ത് അത് നടന്നില്ലെങ്കിൽ ഒരു നമ്മുടെ ജീവിതത്തിന് ശേഷമായിരിക്കാം എങ്കിലും വാഗ്ദത്തൻ ചെയ്തവൻ വിശ്വസ്തൻ അവിടുന്ന് അത് നിറവേറ്റും എന്നുള്ള വലിയ ഒരു വിശ്വാസത്തിൻ്റെ നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു കാര്യം നമുക്ക് നൽകുന്ന സന്ദേശം പ്രിയപ്പെട്ടവരെ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായത്തിലെ മറിയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നമ്മളെ കാണുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നോട് അർലി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയ വിശ്വസിച്ചു വിശ്വസിച്ചു അതുകൊണ്ട് അവളെ ഭാഗ്യവതി എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നടക്കാവുന്ന ഒരു കാര്യമല്ല പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചു അതുകൊണ്ട് സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നമ്മുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ സഭയോട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുക നാളുകൾ ദീർഘിക്കുമ്പം ആ വിശ്വാസത്തിൽ ക്ഷീണിക്കല്ലേ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് നമ്മൾ വായിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു മനുഷ്യരാൽ ചിലത് സാധ്യമല്ല പക്ഷെ ദൈവത്താൽ സാധ്യമാണെന്നാണ് ലൂക്കോസ് പതിനെട്ടിൻ്റെ ഇരുപത്തേഴിൽ കർത്താവായ യേശു തന്നെ പറഞ്ഞത് എന്നാൽ മത്തായി എഴുതിയ സുശേഷം പതിമൂന്നിൻ്റെ അൻപത്തിര അൻപത്തി എട്ട് വായിച്ചോ അവിടെ നമ്മൾ കാണുന്നത് കർത്താവായി യേശു അവരുടെ അവിശ്വാസം നിമിത്തം വളരെ വീര്യപ്രവർത്തികളെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് കണ്ടോ നമ്മൾ പറഞ്ഞത് ദൈവത്തിനെല്ലാം സാധ്യം ദൈവത്തിനെല്ലാം സക സകലവും സാധ്യം മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സകലവും സാധ്യമെന്നാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ലൂക്കോസ് പതിനെട്ടിന്റെ ഇരുപത്തി ഏഴിൽ നമ്മൾ കാണുന്നത് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് എന്നാണ് എന്നാൽ കർത്താവിന് പോലും എന്തു കഴിഞ്ഞില്ല കർത്താവിന് പോലും അവരുടെ അവിശ്വാസം നിമിത്തം വളരെ വീര്യപ്രവർത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് മത്തായി പതിമൂന്നിൻ്റെ അൻപത്തെട്ടിൽ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തിനെല്ലാം സാധ്യമാണ് പക്ഷേ അതിന് ദൈവത്തെ പോലും ആ ആളുകളുടെ അവിശ്വാസം മൂലം വളരെ വീര്യപ്രവർത്തി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും മർക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ കർത്താവ് അവരുടെ അവിശ്വാസ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്നൊരു ഭാഗം കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് പക്ഷെ അവരുടെ ആ നാട്ടിലുള്ളവരുടെ അവിശ്വാസം നിമിത്തം കർത്താവ് ആശ്ചര്യപ്പെട്ടു എന്നാണ് മർക്കോസ് ആറിൻ്റെ ആറിൽ കാണുന്നത് എന്നാൽ വേറൊരു രംഗം മത്തായി എട്ടിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നത് ശതാദിപൻ്റെ വിശ്വാസം കണ്ടാ കർത്താവ് ആശ്ചര്യപ്പെട്ടു കണ്ടോ രണ്ട് കാര്യങ്ങളാണ് മർക്കോസ് ആറിൻ്റെ ആറിൽ അവരുടെ അവിശ്വാസം കർത്താവിനെ ആശ്ചര്യപ്പെടുത്തി എന്നാൽ മത്തായി എട്ടിൻ്റെ പത്തിൽ ആ ശതാദിപൻ്റെ വിശ്വാസം യേശുവിനെ അത്ഭുതപ്പെടുത്തി നമ്മൾ ഏത് നിലയിലാണ് യേശുവിനെ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അവിശ്വാസം കൊണ്ടാണോ ദൈവത്തെ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് അതോ നമ്മുടെ വിശ്വാസം കൊണ്ടാണോ ദൈവത്തെ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് ദൈവത്തിന് സകലവും സാധ്യം പക്ഷേ നമ്മളും വിശ്വസിച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകല്ലേ എന്നൊരു സന്ദേശം കൂടെയാണ് ഈ എരീഹോത്താഴ് വരെ നമുക്ക് തരുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അത് തന്നെ നമ്മളെ ചിലപ്പോൾ അങ്ങ് ക്ഷീണിപ്പിച്ചു പോയേക്കാം വലിയ വലിയ ആളുകൾക്കൊക്കെ വിശ്വാസ വീരന്മാർക്കൊക്കെ വലിയ വിശ്വാസമുണ്ട് എനിക്കെൻ്റെ എൻ്റെ ഹൃദയത്തെ നോക്കുമ്പോൾ തീരെ വിശ്വാസമില്ല ചിലർ പറയും ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ വലിയ വിശ്വാസം ആളുകളാണ് എന്നൊക്കെ ആളുകൾ എന്തെല്ലാം എക്സ്ക്യൂസുകളാണ് പറയുന്നത് പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തെ നോക്കിയ സംഗതി ശരിയാണ് നമുക്ക് വിശ്വാസമില്ല ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴിൻ്റെ അഞ്ചില് നമ്മൾ കാണുന്നത് ശിഷ്യന്മാര് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ കർത്താവ് അതിനെ ആ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കുറവ് കണ്ടാൽ കർത്താവിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചെല്ലാം കർത്താവിനോട് പറയാം കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എനിക്ക് വളരെ ചെറിയ വിശ്വാസമേ ഉള്ളൂ ഈ കാര്യം നീ എന്നോട് വാഗ്ദാനം ചെയ്തതാ പക്ഷെ അത് നിറവേറാൻ നാളുകൾ കടന്നു പോകുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ അവൻ ഇതുവരെ വിശ്വാസത്തി വന്നില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രാർത്ഥിച്ചു ഇതുവരെ നടന്നില്ല അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങളിൽ നീ ഒരു ആ കാര്യത്തിന് നിവൃത്തി ഉണ്ടാകുമെന്ന് അവിടുന്ന് തന്നെ വാഗ്ദാനം ചെയ്തതാ പക്ഷെ നാളുകൾ കഴിയേ കഴിയേ അത് നടക്കാതെ വരുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുന്നു കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് ലൂക്കോസ് പതിനേഴിൻ്റെ അഞ്ചിൽ ആ ശിഷ്യന്മാർ ആവശ്യപ്പെ പറഞ്ഞതുപോലെ നമുക്കും കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയാം കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്തിന് ശേഷം എപ്പോഴാണെങ്കിലും വാ അത് ആ അത് വാഗ്ദത്തം അത് നിറവേറ്റും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന വായിക്കുന്നത് പോലെ ആ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് നമുക്ക് പറയാം അപ്പോൾ എരിഹോ താഴ്വരെ കുറിച്ചുള്ള ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ അത് രണ്ട് കാര്യങ്ങളിലേക്കാണ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത് ഒന്ന് ആത്മാവിൻ്റെ ഒരു വർദ്ധിച്ച അനുഭവം പ്രാപിപ്പാൻ ഒത്തുതീർപ്പില്ലാതെ നിരന്തരം ദൈവത്തെ പിന്നാലെ പോകുക ദൈവത്തിൽ നിന്ന് ആ വാഗ്ദാനം പ്രാപിക്കുക ആ ഏലിയാവിനെ വിടാതെ ഗിൽഗാലിലും ബഥയിലും എരിഹോവിലും യോർദാനിലും പിന്തുടർന്ന് ചെന്ന് ഒടുവിലത് പ്രാപിച്ചത് നമ്മളെ ഈ നിലയില് നമുക്കും അങ്ങനെ ഒരു പൂർണ്ണ മനസ്സോടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരളവിനായിട്ട് കർത്താവിനെ അന്വേഷിപ്പാൻ നമുക്കും നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ നമുക്കത് പ്രചോദനം തരട്ടെ രണ്ടാമത് വിശ്വാസം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന കുറഞ്ഞു പോകുന്ന രംഗങ്ങളിൽ നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കി നിരാശപ്പെടാതെ കർത്താവിനോട് ചോദിക്കാൻ കർത്താവ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറയാം അപ്പൊ എരിഹോ താഴ്വര ഈ രണ്ട് നിലയിലും നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു എരിഹോ താഴ്വരയിൽ നിന്ന് ഈ രണ്ട് പാഠങ്ങളും ഈ രണ്ട് ആത്മീയ ചിന്തകളും നമുക്കായിട്ടെടുക്കാം ആത്മാവിൻ്റെ വലിയ അനുഭവം നമുക്ക് വേണം വിശ്വാസത്തിൻ്റെ വലിയ അനുഭവം വേണം രണ്ടിനും നമുക്ക് കർത്താവിനെ പിന്തുടരുകയല്ലാതെ കർത്താവിനെ ആശ്രയിക്കുകയല്ലാതെ നമുക്ക് മാർഗമില്ല കർത്താവ് നമ്മളെ കൈവിടുകയില്ല കർത്താവ് നമ്മളെ സഹായിക്കും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ